ഇനി മുതൽ സ്ത്രീകൾ നിങ്ങൾക്കനുവദനീയമല്ല അവരുടെ സൌന്ദര്യം നിങ്ങളെ ആകർഷിച്ചാലും അവരെ മാറ്റി മറ്റു ഭാര്യമാരെ സ്വീകരിക്കാനും നിങ്ങൾക്കനുവാദമില്ല നിങ്ങളുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവർ ഒഴികെ അള്ളാഹു സുബാനഹുവറ്റാല എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്നവനാകുന്നു